മലക്കുകൾ പറഞ്ഞു ഓ മറിയമേ അള്ളാഹുസുബാനഹുവ ചായ നിന്നോട് ഒരു വചനത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു അവൻറെ പേര് മസീഹ ഈസാ മറിയത്തിന്റെ മകൻ എന്നായിരിക്കും ഇഹലോകത്തും പരലോകത്തും അവൻ വലിയ സ്ഥാനമുള്ളവനും അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരിൽപ്പെട്ടവനുമായിരിക്കും